മറിയമ്മിന്റെ മകൻ ഐസ അലിഹിസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക ഓ ഇസ്രായേൽ സന്തതികളെ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെട്ട അള്ളാഹുസുബാനഹുവത്രാലായുടെ ദൂതനാണ് എനിക്ക് മുൻപുള്ള തൌറാത്തെഴുത്തിനെ ശരിവയ്ക്കുന്നവനും എനിക്കുശേഷം അഹ്മദ് എന്നുപേരുള്ള ഒരു ദൂതൻ വരുമെന്ന സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാണ് ഞാൻ എന്നാൽ അദ്ദേഹം വ്യക്തമായ തെളിവുകളുമായി വന്നപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പ്രത്യക്ഷമായ മാന്ത്രികവിദ്യയാണ്